അർജുനൻ എന്ന് പറയുമ്പോൾ തന്റെ സഹോദരന്മാരെല്ലാം ചേർക്കണം പറയും ആച്ചാരിയായി വധ തോറി ഭാഗനാമോ മാമോ ഈ അർജുനൻ പറയും അർജുന അഭിയിക്കുന്ന ബഹുവജന ശബ്ദങ്ങൾ അസ്മാതി നഹ് വയം അസ്മാതിരി ഈ വാക്കുകളെല്ലാം എല്ലാം സൂക്ഷിക്കും ഇവിടെ എന്തായാലും ആചാര്യന്മാരൊക്കെ വന്നുകഴിഞ്ഞ് ഒരു പാപമാണ് ആചാര്യ ദോഷിച്ച പാപം അത് തനിക്ക് മാത്രമല്ല എല്ലാ സഹോദരന്മാർക്കും വരാൻ പ്രധാനമായും വരുന്നത് ഒരു അഞ്ചു പേരുമാണ് അതുകൊണ്ടാണ് അങ്ങനെ യുദ്ധത്തിൽ വിസമ്മതിക്കുന്നത് സഭ്രാമൃത എന്നുള്ള പദം കൊല്ലം സൂചന ഹന്ധവ്യക്ത സൂചന ഞാൻ മധുസൂചന അവിടെ പറഞ്ഞത് ഒന്ന് കൊല്ലപ്പെട്ടാൽ ഞാനവിടെ ത്തിന് ഏറ്റവും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് കൊല്ലപ്പെടേണ്ടവരോടൊപ്പങ്ങളും അവരോ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖനോക്തീയത്മാവീ വിഭവനെ മാലവേ ജത് ഗൃഹ ദിവ അസത്യശോയിൽ അത് വ്യതു ഗ്രഹ ദഹാനി ഇയാദിന ആതായോ വ്യക്ത അതുവിതാതായ അഭവത് യഥാൻ നഹന്ദ്രന്ഥോ അഭിമാനിച്ചു നമ്മൾ ചത്താജി സേ ജീവനെ കൊല്ലത്തിൽ പിന്നെ മൂന്ന് ലോകം കിട്ടുമെന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലാരുന്നു പിന്നെയാണ് ഒരു ഭൂമിക്ക് വേണ്ടി കൊണ്ടുപോയി ഈ ചെന്നൊരു രാജ്യം ഇഹൃത്യഥാർത്ഥരാഷ്ട്രമാണ് സ്വന്ത സഹോദരന്മാരാണ് യഥാർത്ഥ രാഷ്ട്രമാർ അവരൊക്കെ വന്നിട്ട് നമുക്ക് എന്താണ് നേട്ടം പാപമേനോ ആശ്രയം ആശ്രയം പാപം ഉണ്ടാകും ഈ ആത്ത തായികളെ കൊന്നാലും പാപമേ ഉണ്ടാവുന്നു അവൻ ഈ ആദ്യത്തായിട്ട് മഞ്ഞറിയിതുകൊണ്ട് അതിന്റെ വേഖകളും ക്ഷേത്രത്തിലൊക്കെ ദാഹാദി എന്ന് പറയുന്നത് ഇഷ്ടപ്രവർത്തനം കൗരവന്മാർ ആദ്യത്തെ പ്രധാനമായ സംഭവം ആദ്യം ഭീഷ്മനെ വിഷംപ്പെടുത്തുകൊല്ലാൻ ശ്രമിച്ചു ഭീഷ്മുവിനെ ഉപദ്രവിച്ചു തന്നെ രണ്ടാമത് ഭീമതി ഭീമതി ഭീഷ്മെ രണ്ടാമത് പ്രതീക്ഷിച്ച കാരണം കൂടാതെ അസൂയവും ധർമ്മ പുത്രരെ യുവരാജാവായ അഭിഷേകം ചെയ്തപ്പോ ചുട്ടുമല്ലാൻ സാധിച്ചു കൂട്ടുകാർ അത് പ്രതീക്ഷിച്ചവരുടെ കാരണമില്ല അസൂയ മാത്രം അതാണ് അവർ ആദദായി എന്നത് യതുഗ്രഹദാഹാദി ആദ്യം പിന്നീട് ജീവിതം എന്താണ് അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പിടിച്ചു വന്നത് ചൂതുകൾ അപ്പൊ ഈ രണ്ട് സംഭവമാണ് പ്രധാനമായിട്ടും മഹാഭാരത യുദ്ധത്തിന് കാരണമായി ഒന്ന് ഈ ചുട്ടുമല്ല രണ്ടാമത് ഈ ചൂതുകൾ അപ്പൊ ഇത് ആണ് ദുര്യോധന്റെ ഏറ്റവും കടുത്ത ദൃഷ്ടത്തോറി ദുര്യോഗിട്ടെങ്കിൽ രണ്ട് സംഭവത്തിലും ദുരിതരാഷ്ട്ര കൂട്ടുനിന്നു കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കണികൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഉപദേശിച്ച് പിന്നെ ദുര്യോധന ദുരിതരാഷ്ട്രം വശത്താക്കാൻ ഒരു വിദ്യയുണ്ട് പലപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എനിക്കൊപ്പം തന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചത് ഇത് ദുരുപയോഗം പ്രയോഗിച്ചു പുത്ര സ്നേഹം കൊണ്ട് പോകും വെറുതെ മരിക്കത്തൊന്നൂല്ല ഉള്ളിൽ ദുഷ്ടബുദ്ധി ഉണ്ടല്ലോ ഭരിക്കാനൊന്നും പോകുന്നില്ല എന്നാലും പറയും ഒരാളെങ്ങനെ ഇതാണോ വൈകാരികതയിലൂടെ കീഴ്പ്പെടുത്തുന്ന അതിവൈകാരികത പ്രയോഗിച്ച് കീഴ്പെടുത്തിട്ടുള്ള ഇമോഷണൽ മരിച്ചറിയുക അച്ഛനമ്മമാരൊക്കെ മക്കളൊക്കെ വേണ്ടി പ്രയോഗിക്കുന്നതാണ് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും വൈകാരികതയിലൂടെ അതിവൈകാരികതയിലൂടെ മറ്റുള്ളവരെ തനിക്ക് അധീനം ആകാശം ഇതും വളരെ മോശം പറയുന്നവരുടെ കേട്ടി ഞാൻ ആത്മഹത്യ ചെയ്തത് നമുക്ക് പിള്ളേരെയല്ല ഇന്നങ്ങനെയൊന്നും ആരും ആത്മഹത്യ ചെയ്താൽ തന്നെ അവർ ാണ് ആത്മഹത്യൊരു സംഭവം അടുത്ത കാലത്ത് ഇതാ പോനും അമ്മയിലെ മകൾ അവർക്ക് ഇഷ്ടമുള്ള അക്തിന്റെ കൂടെ പോയി അവർ ആത്മഹത്യ ചെയ്തു അച്ഛനും ഭക്ഷിക്കപ്പെടുകയാണ് അവർക്ക് ഇഷ്ടമുള്ള വിത്തന്റെ കൂടെ പോയിട്ട് ആത്മഹത്യ ചെയ്തു പിന്നെ ആ ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള കമന്റുകൾ ഒരുപാട് കൊണ്ട് വായിച്ചപ്പോഴാണ് ഇന്നത്തെ സമൂഹം എങ്ങനെ ഞാൻ വേണ്ടി ഈ കമന്റുകളിൽ കൂടുതൽ പേരും ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണം കാരണം അച്ഛന്റെ അമ്മയുടെ ഈ പെൺകുട്ടിയുടെ ജീവിതം ഇനിയുണ്ട് അപ്പം അവിടെ ജീവിതത്തെ അവള് തിരഞ്ഞെടുത്തു അപ്പൊ അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് അവരുടെ ജീവനം വേണോ അതുകൊണ്ട് അവരുടെ മരണത്തിന് അവരാണ് ഉത്തരവാദി ഇറങ്ങിപ്പോയ കുട്ടിയല്ല എന്നുള്ള രീതികൾ ശരിയോ തെറ്റോന്നല്ല ഞാൻ പറയും അവരുടെ ഭാഗത്തുനിന്നല്ല ഇന്നത്തെ തലമുറയെ ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം പേര് അതിനെ പെൺകുട്ടി അംഗീകരിച്ചുകൊണ്ട് പലരും ഫേസ്ബുക്കിലൊക്കെ വളരെ പരസ്യമായി എഴുതുകയും ചെയ്തു ഇത് മരിച്ചവരെയാണ് കുറ്റപ്പെടുത്തുന്നത് അവരുടെ ജീവിതം തെരഞ്ഞെടുക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് തലമുറ ചെയ്ത പഴയ രീതിയിലല്ല അവരോട് അനുശോചനം പുറിക്കുകയല്ല ജീവി എന്തുകൊണ്ട് മോഷണങ്ങൾ ആക്കുകയും ഇന്നത്തെ സമൂഹം അർജുന ദുര്യോധന പലപ്പോഴും പ്രയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് അപ്പൊ അത് ചെയ്തതുകൊണ്ട് അർജുനന് അർജുന ദുരിതങ്ങൾ ആപതായിട്ട് ഗ്രൂപ്പിലാകട്ടിരിക്കുന്നു ലോകം എപ്പോഴും മാറി ചന്ദിച്ചോന്നയില്ല അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു നല്ലത് ലോകത്തെ നടന്ന വഴിയിൽ നടത്താൻ ശ്രമിക്കുന്ന അബദ്ധം നടക്കും ഇവിടെ ആഗതായ ദ്രോഹിക്കും അബിന്ദു ഗരദശൈവ സസ്ത്രപാത ധനാപഹ ക്ഷേത്രം ഇപ്പൊടത്തും കോട്ടയിലും മഹാഭാരതത്തിലൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അഗ്നി പരകിത്തി വയ്ക്കുന്നു ഈ പരിഗതി വയ്ക്കാമെന്ന് എനിക്ക് പറയുന്നു പഴയകാലത്തെ എന്നൊക്കെ അതുപോലെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിക്കുന്നത് അതിപ്പോൾ പറഞ്ഞാൽ നല്ല ഒന്നാണ് ഈ പത്രവും ഒക്കെ വായിക്കുന്ന ഒരു കൂടത്തായി വധശ്രമം കേട്ടിട്ടുള്ളൂ എന്നറിയത്തില്ല വിഷം കൊടുത്തു കൊല്ലുക ശസ്ത്രമാണ് ആയുധരേഖകൾക്ക് കൊല്ലാതി കള്ള ധനത്തെ അപകരിക്കുന്നുള്ളി പറയുന്ന ഏകദേശം ധാരഹരസ്യ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നു ഇതൊക്കെ പഴയകാലത്ത് സർവ്വ സാധാരണ പാണ്ഡവുകാരു പഞ്ചാരികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു മഹാഭാരത ഇവരാതായി ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നത് ആദതായികളോടും പ്രവർത്തിക്കണം ആദതായി ആയാഗം അന്യാനം അവിചാരം നാത്തതായി അതേ ദോഷവും പ്രശ്നം നേരിട്ട് വരല്ലേ അവനെ കൊന്നുകളയാണ് ചിന്തിക്കാതെ ഒന്നു പറയണം ഈ അവിചാരം എന്ന് പറയുന്നത് മനുസ്മൃതി മുപ്പം വരുന്നുണ്ടെങ്കിൽ എന്ത് വിചാരികൾ പറയുന്നത് മൊത്തം ഈ ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നത് അവനാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ പലയിടത്തും ഈ അഭിചാരം കൊല്ലുകാരുന്നു അപ്പൊ ഈ കൊല്ലപ്പെടുന്നവര് വേദനിക്കുമോ എന്ന് അവരെന്തെങ്കിലും നഷ്ടം വരുമോ എന്ന് ചിന്തിക്കരുത് കൊല്ലുന്നോണ്ട് തനിക്ക് പാപമോ മറ്റെന്തെങ്കിലും വരുമോ എന്ന് ചിന്തിക്കരുത് കൊല്ലുകക്ക് ഞാൻ അനുഭവിക്കും വിചാരിക്കുന്നു തന്റെ മുമ്പതിക്കുന്നവർ കൊടിയിലെ കൊടേണ്ടവനാണ് മുമ്പ് കൊല്ലുക ആദ്യതായിരുന്നു ദോഷം ഇവിടെ ദോഷം ഇന്നത്തെ പോലെയുള്ള ദോഷം ഇന്നൊരാളെ കൊന്നാ ദോഷമെന്ന് പറഞ്ഞെന്താണോ എന്നുവച്ച ഉടനെ തന്നെ അയാളെ പേര് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും പോലീസ് അവിടെ കോടതി കൊടുക്കും വിചാരണ ശിക്ഷ ഇതാണ് ഇന്നത്തെ ദോഷം പണ്ടെങ്ങനെയുള്ള ദോഷം എന്ന് പറയുന്നത് എന്താണ് പാപം ഒറ്റവും ശിക്ഷയും അതിന്റെ സ്വഭാവം ഒക്കെ ഇന്നും ആകിലേ സമൂഹം നടന്നു വേറെ രീതിയാണ് പഴയ രീതിയാണ് ഇത് പഴയ രീതിയിൽ അവര് പുണ്യപാപങ്ങളെ ചന്തിച്ചിട്ടാണ് എല്ലാം തീരുമാനം പുണ്യമുണ്ടാകുന്ന നരക ഹേതുവായ പാപത്തെ ഉണ്ടാക്കുന്നത് നിഷ്ടമാണ് എന്തങ്ങനല്ല ഇന്ന് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായി വരുന്ന ഏത് പ്രവൃത്തി നമ്മുടെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഭാഗ്യം ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായി ദോഷം അല്ലെങ്കിൽ നിയമം വിനും അത് ചെയ്താൽ പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ട പിന്നെന്താണ് ആ കുറ്റമായി ചെയ്തവർക്ക് തെളിയിക്കാൻ അവിടെ പറയുന്ന ശിക്ഷ മാത്രമേ ശിക്ഷ എടുക്കുന്നു ചെയ്യണം അങ്ങനെ പിടിക്കപ്പെടണം തലയിൽ അവിടുത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷം അതാണ് ഇന്നത്തെ ദോഷം കൊണ്ടതല്ല ആ ദോഷം നന്ദോ ഭഗവതികൾ കൊല്ലുന്നവനൊരു ദോഷം വരുന്നത് ഇത് എട്ടാംധ്യായം പറയുന്നത് രാജാവ് ആണ് അവിടെ പറയുന്നത് മനുസ്മൃതി പറയുന്നതിനുശേഷം രാജാവാണ് ഈ പരാതിയൊക്കെ കേട്ടിട്ട് ശിക്ഷ വിധിക്കുക എന്നുള്ളത് രാജാവിൽ ശിക്ഷ വിധിക്കും അനുസ്മൃതിയുണ്ട് മനുസ്മൃതി തന്നെയുണ്ട് മനുസ്മൃതിയെ നോക്കണം അതിലെന്താ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ആ ശിക്ഷ രാജാവിന്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ബ്രാഹ്മണരുടെ ഒരു സഭയുണ്ടാകുന്നു ബ്രാഹ്മണരുടെ അരി പ്രത്യേകം ആ സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് അവരും ഈ സ്മൃതികളനുസരിച്ചു പറയുന്നില്ലെങ്കിൽ അവർക്ക് നിയമം ഉണ്ടാക്കുന്ന അവകാശമാണ് അവർ നിയമം ഉണ്ടാക്കും ഇതുവരെ നിയമമാണെങ്കിൽ നമ്മുടെ പാർലമെന്റ് അന്നത്തെ ബ്രാഹ്മണർ അവർ നിയമം ഉണ്ടാക്കും എന്നിട്ട് ശിക്ഷ അത് നടപ്പിലാക്കേണ്ട ജോലി എന്ന് പറയുന്നു കോടതി വിധിച്ചു കഴിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടയിൽ ശിക്ഷ രാജാവ് അപ്പൊ രാജാവിൽ നിന്നുണ്ടെങ്കിലും ദോഷം തരും പാപമുണ്ടാവും എല്ലാം എന്നാൽ യാതൊക്കെ പറയുമ്പോൾ സർക്കൊന്നുകൂടെ പറയുന്നുണ്ട് ഇപ്പൊ കൊള്ളക്കാർ വന്നു ആക്രമിക്കുന്നു രാജാവ് ശിക്ഷപിക്കുകയെന്ന് പറഞ്ഞിരിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പൊ അവരെ രാജാവും കൊണ്ടുവന്നു കരുതാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവിടെ ക്ഷത്രിയന്മാർക്ക് എല്ലാത്തും ആയുധം കൊടുക്കാം വേണ്ടി വന്നാൽ ബ്രാഹ്മണനും പൈസനും കൂടെ ആയുധം കൊടുക്കാം പക്ഷേ കാരണം വെച്ചാൽ സൂക്ഷന് ബാക്കിയുള്ളവർക്കെല്ലാം ആയുധം കൊടുക്കാം എടുത്തിട്ട് അതാണ് അയാന്തം എന്ന് പറയുന്നത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കൊന്നേ പറ്റും അപ്പൊ ഈ മൂന്ന് ജാതിക്കാർക്കും ആയുധം കൊടുക്കുന്ന കൊല്ലം ഗുണകർമ്മങ്ങൾ അനുസരിച്ചാണ് ജാതി അതൊക്കെ അവരുടെ അബദ്ധം പറയുന്നത് അവിടെ പറയുന്നത് എന്താണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ആയുധനത്ത് എന്ത് ചെയ്യണം അങ്ങനെ ആയുധത്ത് കഴിഞ്ഞാൽ അവനെന്താണ് ക്ഷത്രിയനെന്ന് പറയവരല്ല അവർക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്വര്യൻ തന്നെയാണ് പറയുന്നു അതേപോലെ ആശയങ്ങളാണ് അപ്രായോഗികമായി ഒപ്പൊക്കെ ആശയങ്ങൾ സമൂഹത്തിൽ നിലവിലിരുന്ന ആശയങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഴയകാല സ്വധർമ്മം എന്ന് പറയുന്നതിന് അല്ലാതെ ഇന്ന് ആളുകൾ വേദ വ്യാഖ്യാനം വരുന്നത് ധർമ്മപുദ്ധരുടെ സ്വയം പറയുന്നുണ്ട് ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് ചൂതുകളി മഹാഭാരതത്തിൽ വായിച്ചത് ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് ചൂതുകളി എന്ന് സ്വധർമ്മം ഒരു ജാതിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മം അതാണ് സ്വധർമ്മം അല്ലാതെ അവരെ അപ്പോ അതുകൊണ്ട് എന്തുവരുന്നു ഇത് സ്വധർമ്മമാണ് ചൂതുകളി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം ഏ എന്നല്ല അയാൾ നിർബന്ധിതനായി തിരിയുന്നു ഒരാളൊന്ന് ചൂത കളിക്കാൻ വിളിച്ച കളിച്ചേ തീരു എന്നുകൊണ്ട് ഇതാണ് ഈ സ്വധർമ്മത്തിന്റെ വഴപ്പം നമുക്കിഷ്ടമില്ലെങ്കിലും ദോഷമുണ്ടെങ്കിലും ആ പ്രവൃത്തിയിലേ പറ്റും സദോഷമത്യജന്ന് ഗീതി പറഞ്ഞത് ഈ സ്വധർമ്മത്തെയാണ് പക്ഷത്തിനേ സ്വധർമ്മുധം അഹിംസ എന്ന് പറയുന്നത് ദോഷമുണ്ട് എങ്കിലും അവനതുപേക്ഷിക്കാൻ പാടില്ല ചൂതുകൾ ഇപ്പോൾ സ്വതർപ്പമാണെങ്കിൽ മഹാഭാരത പറയുന്ന യുദ്ധത്തിന്റെ കാര്യം പറയാം ഇത് ജാതിക്ക് പറഞ്ഞില്ലേ അതും ചെയ്യുന്നുകൊണ്ടാണ് ജാതി ഇതാണ് മഹാഭാരതത്തിന്റെ നിരന്തരം പറയുന്നത് പ്രധാനമായ ആശയം അതാണ് അപ്പോ രാജാവ് ചെയ്യണം ദോഷമില്ല ഇവരെയൊക്കെ അപ്പൊ അർജുനൻ ഇവിടെ പറയുന്ന തന്നെ എങ്ങനെ നിൽക്കുന്നത് എതിൽ പറയുന്ന ഇതെല്ലാം ചെയ്തവരാണ് കൊടുത്തു അഗ്നിതനാണ് വിഷം കൊടുത്തു ഭീമന വിഷം കൊടുത്തു കൊല്ലാൻ ചില ശസ്ത്രപാഠ കൊല്ലാനായിരിക്കും ധനാഭാവം ഒരിക്കലല്ല രണ്ട് തവണ ആദ്യം കൊന്നിട്ട് ദുര്യോധനാണെന്ന് സ്വന്തം അപഹരിച്ചു അവരിക ശ്രമിച്ച് അപകരിച്ച് ഓടിപ്പോയി ഭാഗ്യത്തിൽ എന്ത് ചെയ്തു ധ്രുവതന്റെ കൊട്ടാരത്തെത്തി പാഞ്ചാലികഴിച്ച് വലിയൊരു ബന്ധു ബലമുണ്ടായി ഇതറിഞ്ഞപ്പോൾ ദുര്യോധന മറ്റും നേടിയായി ദുരിധനത്തിൻ്റെ ശക്തനായ അനാവും പാണ്ഡവന്മാരെ കൂട്ടുപിടിക്കുകയാണ് പിന്നെ വിളിച്ച് അനയിപ്പിക്കുന്നതാണ് നല്ലത് വിദ്രതും മറ്റു ഉപദേശിച്ച് ദുരിതരാഷ്ട്ര ആളവിട്ട് വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെയും കൊല്ലാ ശ്രമിച്ചെങ്കിലും അതോ പാണ്ഡവന്മാർക്ക് ഫലത്തിൽ ഒടുവിൽ ലാഭമായിരുന്നു പക്ഷെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് പാട്ടതി ഉളവുണ്ടായി ഭീമനെഡിന്റെ ത്യാഗാണ് ലാഭമൊക്കെ കഴിക്കും നഷ്ടം മാത്രമാണ് അർജുനനും ഗന്ധർവനുമായിട്ടൊക്കെ ഏറ്റുമുട്ടി ചില വരങ്ങളൊക്കെ കിട്ടി ഒരുപാട് കുതിരകളെ കിട്ടി അങ്ങനെയൊക്കെ ഒരുപാട് ഗുണമൊക്കെ ഉള്ള ഒരു വിദ്യ കിട്ടി രണ്ടാമതൊരു ചൂതൻ അങ്ങനെ ധർമ്മഗുപ്തന്റെ വൃദ്ധിത്വം അതിലുണ്ട് ബുദ്ധിത്വം ഞാൻ പറയുന്നില്ല ശ്രീകൃഷ്ണൻ തന്നെ അവസാനം പറയുന്നു നീ എന്തൊരു വെട്ടിയാണ് ഈ മുഴുവൻ രൂപത്തിലും ഉണ്ടാക്കി വെച്ച നീ പോലെ തന്നെ ശ്രീകൃഷ്ണൻ ധർമ്മപുക്തനെന്ന് പറയുന്നത് ആ ചൂത് കളിച്ചത് അതിൽ നിന്നൊരു മൊണ്ടത്തിനുള്ള പറയുന്ന സന്ദർഭം ദുര്യോധന പരാജയപ്പെട്ട് വായുസ്തംഭം ചെയ്ത് ജലത്തിന്റെ അടിപ്പോയി കിടക്കും ജലത്തിന്റെ അടിപ്പോയി കിടക്കുന്നത് പരാജയം സംബന്ധിച്ചിട്ടാണ് ഇങ്ങനെ രക്ഷയില്ലാതെ ഞാൻ പോയി കിടക്കുന്നത് അപ്പോ രണ്ട് ചാരന്മാരിൽ വിവരമായി ശ്രീകൃഷ്ണനാണ് ഇപ്പോടെ പാണ്ഡവന്മാരല്ല എന്റെ കരയിൽ ചെന്ന് വേണം ഒരുപാട് അധിക്ഷേപിക്കും അപ്പോ ദുര്യോധന അവശ്യനായിട്ടൊക്കെയാണ് അപ്പോൾ ധർമ്മോത്ര അവിടെ വിളിച്ചു പറയും ശരി നീന്തും കരയ്ക്ക് കയറി പോകണം കരയ്ക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നകുല്ലയനെയോ സഹദേവനെയോ ആരെയും ഒരാളെ തോപ്പിച്ചാൽ യുദ്ധത്തിൽ പരാതിയെ സംബന്ധിച്ച ആഗ്രഹം നിങ്ങൾക്ക് ഒരാളാണ് എന്നും ധർമ്മോത്ര അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് നിന്നെപ്പോലൊരു മണ്ടൻ നിന്നെ കൊണ്ട് ഞാൻ തോറ്റ് എന്തുകൊണ്ട് പറയുന്നു ീ പറയു നകുലനോ സഹദേവനോ അല്ല ഭീമൻ വിചാരിച്ചപ്പോലും നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ദുര്യോധന തോപ്പിനാൻ കഴിയത്തില്ല അസാധ്യമായ ഒരു കാര്യമാണ് എന്നിട്ടാണെങ്കിൽ പറയുന്നത് നകുലനെയോ സഹദേവനെയോ ആരെങ്കിലും തോൽപ്പിച്ച രാജ്യ ദിനം നടക്കാത്ത കാര്യമാണോ നേരിട്ടൊരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് കാരണം പറയുന്നത് ദുര്യോധനന്റെ അരക്കെട്ടിന് മേലുള്ള ഭാഗം വജ്ജറാണ് അതറക്കുമ്പോൾ അടിച്ചുപൊട്ടിക്കാൻ പറ്റും എൻ്റെ അതുകൊണ്ടാണ് ദിലെ കൊല്ലാൻ വേണ്ടിയിട്ടും ചതി ഉപയോഗിച്ച് എന്റെ ഗതാഗതം തുടക്കി അടിച്ചു കൊല്ലാൻ പാടില്ല നിയമം അന്ന് റൂളൊക്കെ എടുക്കും ഇന്നത്തെ ബോസിംഗിന് റൂപ്പാണ് പക്ഷെ എൻ്റെ ഒരു നേരെ ദുര്യോധനം ഒന്ന് ഉയർന്ന് ചാടി ഇപ്പം തുടക്കി പൊട്ടിച്ചു അല്ല മേളോട്ടടിച്ച പൊട്ടത്തല്ലോ ദുര്യോധനോട് പറയണം നകലിനെ സഹദേവനെ തോപ്പിച്ചാലും മതി രാജ്യാന്തരാവും അതെല്ലാം കൊണ്ട് ഞാൻ തോറ്റു ഇത്രയും മണ്ഡലനായും ചൂതുകളും നീതല്ലേ കാണിച്ചു ശരി ചൂത് കളിക്കാൻ പോയി കള്ളച്ചൂതാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വീണ്ടും കളിക്കുക എന്താണ് അതൊക്കെ വിധിയാണ് വിധി പറഞ്ഞാൽ എന്തെല്ലാവരും ശരി ആദ്യത്തെ കളി തോറ്റ് പിന്നെ പഞ്ചാരിയുടെ കരുണ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഏ പഞ്ചാരിയുടെ കാരണ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ആ അറിയാം അപ്പോൾ എല്ലാവരും അടിമകളായി എല്ലാവരും അവരുടെ ഉത്തരീയങ്ങളൊക്കെ അഴിച്ച് സഭാമദ്യത്തിൽ വെച്ചിട്ട് അടിമകളായി അവരെ പഞ്ചാലിയിലെ വസ്ത്രവും അഴിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും രക്ഷിച്ചു എന്നാണ് മഹാഭാരത കഥകളിലുള്ള എല്ലായിടത്തും അതിൽ കഥകൾ ചിലടത്ത് ദാക്ഷിണാർത്ഥി പാഠത്തിൽ കഥകളും മഹാഭാരത ഒരുപാട് ബംഗാളിയുടെ പാഠമാണ് കാശ്മീരി പാഠമാണ് പലരും കലാകാരത്തിലാണ് അവരുടെ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് അപ്പോ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ദയനീയമായ സ്ഥിതി കണ്ടപ്പോ ദുരിതാഷ്ട്ര മനസ്സ് ധൃതരാഷ്ട്രത്തെ അങ്ങനെയാണ് പുത്രന്റെ സ്നേഹം വരുമ്പോൾ പുത്രനെ പോലെ ധൃതരാഷ്ട്ര മനസ്സിലും ദുഷ്ടപുദ്ധി മറിച്ച് പെട്ടന്ന് തന്നെ ശാന്തനായിട്ട് അവിടെ സഹോദരൻ സ്നേഹം പറയും പാണ്ഡും എനിക്ക് ഭക്ഷണം തരാതെ ഒരിക്കലോകം കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള പാണ്ഡുള്ള മകളെ അതിൻ്റെ മക്കളും അവരോട് ഒരു ദ്രോഹവും ചെയ്യാൻ പറയും പക്ഷേ ഇത് മാറിയ മാർഗ സമയം ഈ ദയ സ്ത്രീകളൊക്കെ മനസ്സരി പാഞ്ചാലിയോട് ചോദിക്കുകയാണ് നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു എന്നുവെച്ചാൽ അവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സ്ത്രീകളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്നാരെങ്കിലും ചെയ്തായിരുന്ന ഭാരതീയ തലമുറ തലമുറ തലമുറകളായിട്ട് വരം ചോദിക്കാൻ പറയുമ്പോ ആദ്യം വരെ ചോദിക്കും ധർമ്മപുത്രങ്ങൾ ദാസിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ധർമ്മപുത്ര മോചിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബോധ്യമുട്ട് കഴിഞ്ഞു മണ്ഡത്തരം കൊണ്ടാണല്ലോ എല്ലാവരും പണയം വെച്ച അവസാനം പഞ്ചാരിയും പണയം വെച്ചു പിന്നെ അതിന് തർക്കമായി സ്വയം പണയപ്പെട്ടയാളുകൾ ഭാര്യയും പണയം വയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അഞ്ചു പേരുടെ ഭാര്യ ആയിരിക്കുന്നവർ അവർ ഒരാൾക്ക് പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ വരും ഇപ്പോഴാണ് ഭീഷ്മർ പറയുന്നത് എന്താണോ രഹസ്യം പോരാമ എന്ന് പറയുന്ന ഇരട്ടത്താപ്പ കാരണം ദുര്യോധന പിണക്കാനും പറ്റത്തില്ല ഇവരെ വെറുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അതൊക്കെ സൂത്രപ്പണിയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ അടകമാണ് വീടുകളിൽ പറയും അവർക്കെല്ലാം പഠവന്മാരും ഒരു അനുകമ്പയുണ്ട് പക്ഷെ ദുര്യോധന പിണക്കാൻ അവർ അവർക്ക് താല്പര്യമുണ്ട് ദുര്യോധനാണെന്ന് രാജ്യം ധർമ്മപുത്ര രാജമായിരിക്കുന്ന ഖണ്ഡപ പ്രസ്ഥത്തിലെ ഹസ്തനപുരത്തിന്റെ അതാണ് മെയിൻ അത് ഇന്ത്യയും കേരളവും പോലെയാണ് ഡൽഹിയിലിരിക്കുകയാണ് ദുര്യോധനം ഭരിക്കുന്നത് തിരുവനന്തപുരത്ത് ഭരിക്കുന്നവരാണ് ധർമ്മപുത്തരം സ്വതന്ത്രമാണ് അപ്പം പിന്നെ കണക്കാക്ക രണ്ടാമത്തെ വരത്തില് എല്ലാം തിരിച്ചു കൊടുത്ത് രാജ്യം തിരിച്ചു കൊടുത്ത് അതും കൊടുത്തു ഏതൊരു മടിയും കൂടാതെ തന്നെ തിരിദാർ കൊടുക്കും അപ്പൊ ചോദിച്ചു മൂന്നാമത്തെ ഉടങ്ങി ചോദിച്ചു തിരിതാണ് പഞ്ചായത്തുകളല്ല അപ്പൊ പഞ്ചായത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ പറയുന്നത് സ്ത്രീകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് മഹാഭാരതം വായിക്കിട്ടുള്ളവരുണ്ടോ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടാവും സ്ത്രീകൾ എന്തായാലും ഓർക്കത്തില്ലത് അല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരാണ് പുരുഷന്മാരും ഓർക്കുന്നുണ്ടാവും അപ്പോ പണ്ടര ഞാൻ രണ്ടുപേരും ചോദിച്ചു പക്ഷേ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഈ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വൈശ്യന് ഒരു വരം ചോദിക്കാം ക്ഷത്രിയ സ്ത്രീക്ക് രണ്ട് വരം ചോദിക്കും ക്ഷത്രിയ പുരുഷനാണെന്ന് മൂന്ന് വരം ചോദിക്കും ബ്രാഹ്മണനെ നൂറ് വരം ചോദിക്കാം ഇതൊന്നും പരസ്യമായി പറയരുതെന്നാണ് പറയുന്നത് പറഞ്ഞപ്പോ ഇതൊക്കെ ബ്രാഹ്മണ വിദ്വേഷം ഇത് ബ്രാവണ വിദ്വേഷമാണ് വസ്തുതകൾ പറയും ഇതാരാണ് ബ്രാഹ്മണ അനുഭവിച്ചിരിക്കുന്നത് ഇത് പറയുന്ന ആരാണ് ഈ നിയമം പറയുന്ന ആരാണ് ധർമ്മം പറയുക ഒരു സ്ത്രീയവിടെയാണ് സ്ത്രീ പറയുന്നത് വെച്ചാൽ ദേവിയാണ് ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് കൊണ്ട് പറയുകയാണ് എന്താണ് തന്റെ അവകാശങ്ങൾ വളരെ പരിമിതമാണ് ഒരു ബ്രാഹ്മണന് നൂറ് വരെ ചോദിക്കാമെങ്കിൽ ഒരു സ്ത്രീ രണ്ടു വരെ പറഞ്ഞു എത്ര ശതമാനം നൂറിന്റെ എത്ര ശതമാനം അവകാശങ്ങൾ ഒരു സ്ത്രീ സ്വയം അവകാശത്തെ എത്ര ചുരുക്കും അപ്പോ ഇത് എന്താണ് സ്ത്രീ അത് തന്റെ അവകാശമായി അതിനെ കരുതുകയാണ് രണ്ട് എന്നാണ് എന്റെ അവകാശം ഇതിന് ഒരു ഉദാഹരണം അടുത്ത കാലത്ത് ഇറാനിൽ ഹിജാബിനെതിരായിട്ട് പോകുകയും ഇതിന്റെ തലമുറയ്ക്ക് ഒരു പ്രക്ഷ ഒരുപാട് പേര് അവിടുത്തെ മത പോലീസ് ഒരുപാട് അപ്പൊ ഒരു വിഭാഗം സ്ത്രീകൾ അവിടെ വന്നത് അവർ പറഞ്ഞത് ഹിജാബ് എന്ന് ഞങ്ങളുടെ അവകാശമുണ്ട് ഒരു അവകാശം അത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലും ഈ ഹിജാബിട്ട സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു ഹിജാബ് ധരിക്കുക എന്ന് ഞങ്ങളുടെ അവകാശമുണ്ട് എന്താണ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് അടിമത്തത്തെ സ്വയം അവകാശമാണ് ധരിക്കുന്നതാണ് ഇത് പറയുമ്പോൾ അതിനെ ബ്രാഹ്മണ വിരോധം എന്ന് കരുതി ബഹിഷ്കരിക്കരുത് ഇത് എന്താണ് ഒരു സമൂഹത്തിൽ തന്നെ അടിച്ചു കാടൽ രീതികളാണ് അപ്പൊ സ്ത്രീ അതിന് സന്തുഷ്ടയാണ് എനിക്കത് മതി ഒന്നുകൂടി ചോദിക്കാൻ അവസരം ഉണ്ടായിട്ടും ചോദിക്കുന്നില്ല എന്ന് കൊണ്ട് എനിക്കെത്രയും വലിയ അവകാശം ഇതാണ് നീതി എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഈ എല്ലാ കഥാപാത്രങ്ങളെയും ശ്രദ്ധിച്ച ഒരാളാണ് ഓരോ കഥാപാത്രങ്ങളിലൂടെ അവരുടെ കൂടനീതികൾ നടപ്പിലാക്കാനും വേണ്ടിയ അതിനാണ് ഞാൻ പറയുന്നത് എന്താണ് ബ്രാഹ്മണ ഓരോ വ്യക്തികളും അല്ല ഞാനിന്ന് ജീവിച്ചിരിക്കുന്ന ബ്രാഹ്മണരെല്ലാം ഉദ്ദേശിക്കുന്ന അല്ല ഈ പറയുന്നുള്ളൂ അങ്ങനെ ഒരു അജണ്ട എന്തിനാരെങ്കിലും ഒരു ജാതിയെന്താണ് വംശീയമായി അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പഴയ നമ്മൾ വലിയ കേമെന്ന് പറയുന്ന ഈ ശാസ്ത്രങ്ങളിൽ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്ന അസംബന്ധങ്ങളെ പറയുകയാണ് മനസ്സിലാക്കുക ഇതൊക്കെ ഭയങ്കര സാധനവും ഒക്കൊണ്ട് ഇറങ്ങുന്നതിന് ഇത് മനസ്സിലാക്കാൻ പറ്റിട്ട് എന്തിന് അതുകൊണ്ട് ഇവിടെ ഈ എട്ടാം ധേ എഴുതി വച്ചിരിക്കുകയാണ് മനുസ്മൃതി ഒരു ശൂദ്രൻ ശൂദ്രന്റെ വിദ്യപാടുകൾ അവനസ്മൃതി നിഷേധിച്ചിട്ടു അവന്റെ അഹങ്കാരം കൊണ്ട് അവന് ശാസ്ത്രം പഠിച്ചിട്ട് അവൻ ബ്രാഹ്മണനെ ധർമ്മോപദേശം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന്റെ വായി തിളച്ച വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയും നല്ല എണ്ണയെന്നാണ് പറഞ്ഞത് വെളിച്ചെണ്ണയാണെന്ന് നല്ലെണ്ണയാണ് എന്ന് എനിക്കറിയില്ല തട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അനുകൂല വായു ഇങ്ങനെ വന്നുപോയതാണ് ക്ഷമിക്കണം ആ എന്റെ വായു തിളച്ചണമെന്നു ഈ മനുസ്മൃതി എന്തുകൊണ്ട് ധർമ്മം ബ്രാഹ്മണനെ ഉപദേശിക്കുന്നു ഇതേ എട്ടാം ധ്യേത്യേകിച്ച് ഇത് ആര് ചെയ്യണമെന്ന് രാജാവ് ഈ മനുസ്മൃതിക്കനുസരിച്ച് വേണം ഇന്ത്യൻ ഭരണഘടന ണം എന്ന് പറഞ്ഞ് സമരചീതേന് നേതൃത്വം കൊടുത്ത സന്യാസിയുടെ പേരാണെന്ത് കരപാത്രജി മഹാരാജ് എന്നു വടക്കി വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സന്യാസി വലിയ പ്രക്ഷോഭം നടന്നുകൂടെ ആ പ്രക്ഷോഭത്തിന് ഒപ്പം നിന്ന അത് ആര് ഒരു സ്ത്രീ സമൂഹം ഇന്ത്യൻ പറഞ്ഞാൽ മനസ്സുകൊണ്ട് എന്തുകൊണ്ട് അതൊന്നവർ മനുസ്മൃതി പറയുന്നതാണ് സനാതനധർമ്മം ഇപ്പൊ നമ്മുടെ നിയമം എന്തായിരിക്കണം സനാതനധർമ്മം അനുസരിച്ചായി അന്നാതനുസരിച്ച് ആ ഭരണങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഞാൻ എന്തായാലും അഹങ്കാരം കൊണ്ട് ഉറപ്പാണ് ഉപദേശിച്ചത് ഒരേ ഒരു തവണ പിന്നെ എണ്ണ തർപ്പിച്ച വായ്പ അപ്പോ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ത്രീകൾ ധർമ്മോപദേശിച്ചത് എന്തെങ്കിലും സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചോ ഞാൻ വിട്ടിരിക്കുകയാണ് ധർമ്മം പറയില്ല എത്ര സ്ത്രീകളുടെ വായു വാങ്ങുന്നതാണ് ഇത് ഇന്ത്യൻ ഭരണഘടന ആ സമരം ചെയ്തിട്ട് എന്നോട് പലരും സ്വാമി പഴയ കാലത്ത് രണ്ടായിരം വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ സ്വാമി എന്തിനാ പറയുന്നത് ഈ സമരം നടന്നത് നൂറ് വർഷം പോലും ആയതിന്റെ ഇന്ത്യയിൽ അനുസ്മൃതിക്ക് അനുസരിച്ച് ഭരണഘടനഘടന ഉണ്ടാകുമ്പോൾ സമരം നടത്തിയിട്ട് നൂറ് വർഷം പോലും ആയി ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് മനുസ്മൃതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അല്ലാതൊന്ന് ബ്രാഹ്മണ വിദ്വേഷമോ എങ്കിലും ഒരു ഒരിക്കലും പ്രത്യേകിച്ച് ഒരു കാര്യമാണ് സ്നേഹം വിദ്വേഷൻ കാരണം ഞാൻ എൻ്റെ വ്യക്തിപരമായ ചിന്തയിൽ ഞാൻ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരാണെന്ന് കരുതുന്ന ചിന്തയില് ഞാൻ എൻ്റെ മനുഷ്യനായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വിചാരമൊന്നും എന്താ മനസ്സിലില്ല പക്ഷെ ഇതൊക്കെ പറയും ബ്രാഹ്മണ വിദ്വേഷണം എന്നൊക്കെ പറയുന്നവരെന്താണ് ഇതൊക്കെ തിരുത്തമടി ഉള്ളവരാണ് ഇതൊക്കെ പറയുന്ന പറയുന്നതെന്ന് ഇതൊക്കെ മനുഷ്യർ തിരുത്തണം അത് തിരുത്തിയില്ലെങ്കിൽ സംഭവിക്കും തിരുത്തിയില്ലെങ്കിൽ ഇത് പഴയതുപോലെ എന്താ ഇന്നൊക്കെ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ജനങ്ങളൊക്കെ ഇതൊക്കെ വായിക്കും അപ്പൊ നിങ്ങൾക്ക് സനതനധർമ്മം എന്ന് പറഞ്ഞ ചെന്ന് കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന കാലം അന്നുങ്ങളെ വിമർശിക്കും തിരുത്താത്തടത്തോളം കാണും ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലേ പഴയ കുറെ കാലങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് ആരും അറിയത്തില്ലല്ലോ അത് ഈ ആദ്യം മനുസ്മൃതിയുടെ കാലത്തെ കുറിച്ച് പറയാം മനുസ്മൃതിയുടെ കാലത്തല്ലേപ്പന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് അതായത് ഈ മനുസ്മൃതിയിലെ ഞാനൊരു മൂന്ന് മനുസ്മൃതിയുടെ കോപ്പികൾ ഇപ്പൊ നെറ്റിൽ കിട്ടുകയാണ് എല്ലാത്തിലും പിന്നെ ഈ പട്ടിക എല്ലാത്തിലും ഇതെന്തെങ്കിലും പാഠഭേദം ഈ പറഞ്ഞ സുഖവേ എല്ലാം ഞാൻ നോക്കി എല്ലാത്തിലും പറയും ഞാൻ കാശിയിൽ വെച്ച് ആ മനുസ്മൃതിത്വം എൻ്റെ കയ്യിലില്ല ഒരു മനുസ്മൃതിന്റെ വ്യാഖ്യാനം വച്ച് അത് മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായി ആയിരുന്ന ഒരാൾ രേമണനന്ദോ എന്തുവാണോ അത് ഹിന്ദിയിലുള്ളത് അതിൽ അദ്ദേഹം ഇങ്ങനെയുള്ള പദ്യങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ മനുസ്മൃതിയുടെ പല വ്യാഖ്യാനങ്ങളും കല്ലു ഭട്ടൻ പോലെയുള്ള അദ്ദേഹവ്യാഖ്യാനങ്ങൾ യഥാർത്ഥി വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ മൊത്തം വായിച്ചു പഠിക്കുന്നില്ല ഭയങ്കര സന്ദർഭങ്ങൾ വരുമ്പോ ആ സന്ദർഭങ്ങളിലുള്ള വ്യാഖ്യാനം എടുത്ത് നോക്കി അവിടെയൊന്നും ഇത് മാറ്റിയിട്ടില്ല ഇതെല്ലാം ഉണ്ട് ഈ മനസ്മൃതിയുടെ കാലത്തെ കുറിച്ച് ഈ മനസ്മൃതിയില് പരിപ്രാചിക എന്ന് പറയുന്ന ഒരു ശബ്ദം വരുന്നു പരിപ്രാചികന്നു എന്താർത്ഥം ഏരിപ്രാചികൾ ഇതാണ് സന്യാസിനി പരിപ്രചനം ചെയ്ത സ്ത്രീ ഇപ്പം എല്ലാ വ്യാഖ്യാതാക്കളും അത് എഴുതിയിരിക്കുന്നുണ്ട് പരിമ്പ്രാജികന്ന് പറഞ്ഞാൽ ബുദ്ധ സന്യാസിനി എന്നാണ് എന്ന് വെച്ചാൽ മനുസ്മൃതി അനുസരിച്ച സന്യാസത്തിന് അവകാശമില്ല എന്നാൽ പരിപ്രാജിക എന്ന് പറഞ്ഞാരായിരിക്കും അപ്പം മനുസ്മൃതിയിൽ ബുദ്ധന് ശേഷമുള്ള കാര്യങ്ങളും ഉണ്ട് ബുദ്ധിനു മുമ്പുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും കൂട്ടിച്ചേർക്കലുകളും എല്ലാം സംഭവിച്ചിട്ടുള്ളു അപ്പോ മനസ്മൃതിയുടെ കാലം കൃത്യമായി ചോദിച്ചാൽ പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത് അത് പല കാലഘട്ടങ്ങളിലും വന്നിരിക്കും പക്ഷേ അത് ഈ ചേർക്കുന്നത് ഒന്നും നല്ലതല്ല നമുക്ക് ഉണ്ടായിരുന്നതും നല്ലതല്ല ആദ്യന്തം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായ അസംബന്ധങ്ങളാണ് എഴുതി വച്ചിരുന്നത് പക്ഷേ മനുസ്മൃതി അന്യായീകരിക്കുന്നവരെന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിലെ ഒരു സംവാദം ജെ എൻ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ വേറെ ഒരു വ്യക്തിയുണ്ട് സംവാദം ആർക്ക് വേണമെങ്കിൽ ഇപ്പോഴും കൊണ്ട് യൂട്യൂബിൽ കിടപ്പാണ് മനസ്മൃതി ആയതുകൊണ്ട് ഞാനാണ് മനസ്സിലാക്കിച്ചത് അതിൽ നീ ധർമ്മശാസ്ത്രങ്ങളോ പഠിച്ച കാണാം അദ്ദേഹം പറയാൻ മനുസ്മൃതി ഒരു നല്ല ഗ്രന്ഥമാണ് എന്തുകൊണ്ട് മനുസ്മൃതി പറയുന്നത് സത്യം മല ധർമ്മ അപ്പോ ഇങ്ങനെ ചില നല്ല വാക്യങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് മനുസ്മൃതി നല്ലതെന്നാണ് വാദം മനസ്മൃതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അതാ ചെയ്യുന്നു ഇതുപോലെയുള്ള നല്ല വാക്യങ്ങൾ കാണും അതിനകത്ത് സത്യം എന്നുള്ള വാക്യങ്ങളാണ് ധർമ്മം വന്നുള്ളതാണ് എന്താണ് സത്യം എന്താണ് ധർമ്മം കൊണ്ട് മനസ്സൃതി വ്യക്തമായി നിർവചിക്കുന്നുണ്ട് മനസ്സിലെ പ്രതി പറയുന്നത് ഈ ഹൈറാറിറ്റിയുള്ള ഇവിടെ പറഞ്ഞത് ഈ ഹൈറാറിറ്റിയുള്ള ഉച്ച നീക്കത്വങ്ങളുള്ള ഇതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് ജാതകൂർണ്ണയത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് രാമൻ പാത്മിനിയുടെ രാമായണാണ് ആ രണ്ടു െ കൊല്ലുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അനുസ്മൃതിയുടെ നിയമമാണ് നടപ്പിലാക്കുന്നത് മനുസ്മൃതി എന്തായി ജീവിച്ചത് രാമന്റെ രാജ്യത്തിലെ നിയമം എന്തായാലും എന്തായാലും ഇതൊക്കെ വായിച്ചപ്പോ ഒരു പൊട്ടനെപ്പോലെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്താനും നിങ്ങളിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൊട്ടനായി അഭിനയിക്കണമെങ്കിൽ പറ്റത്തില്ല ഇത് എഴുവച്ചിരിക്കുന്നതാണ് അതിലെഴിവച്ചിരിക്കുന്ന എന്ന് കൂടെ എത്രയോ അസംബന്ധങ്ങളാണ് എനിക്ക് കടുത്ത സാമൂഹ്യ അനുവദിക്കും മുത്തഴിപ്പിച്ചിരിക്കുന്നു ചിലടുത്തിരിക്കുന്ന സത്യം താരം അത് വരും അതുകൊണ്ട് എന്താ കാര്യം ആ പറയുന്നതിന് പോലും ർമ്മൻ ചെലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോലും അവകാശങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ ബ്രാഹ്മണരും ക്ഷത്രിയയിലും അങ്ങേയറ്റമുള്ള പൈസ ഭൂരിപക്ഷം വരുന്ന ശൂദ്ധൻ തുടങ്ങിയ ജാതിക്കാർക്കൊന്നും ഒരു അവകാശമില്ല സത്യത്തിനും അവകാശമില്ല ധർമ്മത്തിനും അവകാശമില്ല അവർക്ക് ബഹിഷ്കൃതനാണ് ഈ മനുസ്മൃതി അനുസരിച്ച് ഭരണഘടന ഉണ്ടാക്കണമെന്നും ഇന്ത്യയിൽ മുതൽ ഈ അടുത്ത കാലത്ത് എന്നും അതൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ട് എന്താണ് ഞാൻ പറയുന്ന കുറച്ച് നല്ല മനസ്സോടുകൂടി എടുത്താൽ നന്നായി എന്ന് വെച്ചാൽ ഇതൊക്കെ തിരുത്തണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ജാതിക്കാർ ഇതിൽ നിന്ന് ഉത്തരവാദികളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജാതിക്കാർക്കും ഇതൊക്കെ തിരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം അതാണ് മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിട്ടാണ് അല്ലാതെ ആരെങ്കിലും എന്താണ് ദേഷ്യം കൊണ്ട് ഏതെങ്കിലും ജാതിയോടോ വിദ്വേഷ്യൂട്ടോ ഏതെങ്കിലും ജാതിയിലുള്ള സഹതാപങ്ങളോ സഹതാപം പോലൊന്നും മനുഷ്യന്റെ ഏറ്റവും മോശമായ വികാരമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് മനുഷ്യന്റെ അന്തസ്സിന് വില കത്തിക്കാത്തവനാണ് സഹതപിക്കുന്നത് സ്ത്രീകളോടുള്ള സഹതാപമുണ്ട് ചെണ്ടാളന്മാരോടുള്ള സഹതാപവും പുതിരന്മാരോടുള്ള സഹതാപങ്ങളും ഞാൻ അവരുടെ കാര്യങ്ങൾ പറയുന്നൊന്നും ആരും കഴിക്കാറില്ല എന്റെ കാര്യം പോലെ കണ്ടെ സഹതെന്ന് വെച്ചാൽ മനുഷ്യന്റെ അന്തസ്സും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല മനുഷ്യന്റെ അന്തസ്സം എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും തുല്യമാണ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയാണ് സ്വയം നഷ്ടപ്പെട്ടു പോയാലും അപ്പൊ ആ സ്ഥിതിക്ക് എങ്ങനെയാണ് സഹത സഹതാ പോലെ വേണ്ടത് മറിച്ച് മനുഷ്യന്റെ എന്താണ് ആ അവകാശബോധം അതിനെക്കുറിച്ച് അവര് ബോധവാന്മാരാക്കുക വേണ്ട അത് സഹതാപം കൊണ്ട് പ്രയോജനം അസംബന്ധമാണ് മനുഷ്യന്റെ അന്തസ്സിന് അവനെ ബോധിപ്പിക്കുക അവിടെ തുല്യതയോടെ സഹതാപത്തിന്റെ ആവശ്യം എവിടെയാണോ മനുഷ്യനെ അടിച്ചമർത്തുന്നത് തുല്യതയെ നിഷേധിക്കുന്നത് അവിടെയാണ് സഹതാപത്തിന്റെ ആവശ്യം ഇന്നതല്ലേ യാതൊരു സംശയങ്ങളും ഇന്ത്യയിൽ മുഴുവനും എന്തുവാ നടക്കും പക്ഷെ അത് അനുഭവിക്കുന്നവരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വേണം തിരിച്ചറിയുന്നവരും തോന്നൽ ചെയ്യുന്ന ഏതൊക്കെ ഞാൻ പറയുന്നത് ഇഷ്ടമുള്ളവരും കൂടെ ഇരുന്ന് കേട്ടാ പക്ഷെ കേൾക്കുന്നവരെങ്കിലും ഇത് മനസ്സിലാണ് അല്ലാത്തവർക്ക് അടുത്ത ചെന്നതിനെ എന്താണ് ഈ പറയുന്ന അതിൽ വിദ്വേഷത്തിന്റെയോ സതാപത്തിന്റെയോ യാതൊരു ഇതും ഇത് മനുഷ്യന്റെ അവകാശത്തിന്റെ മനസ്സിലാണ് അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശാസ്ത്രങ്ങളിലെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാവും ധർമ്മം എന്ന് പറയുന്ന സൗകര്യം പോലെ വയ്ക്കാതിരിക്കുകയാണ് ധർമ്മോ രക്ഷതിരക്ഷിത എന്ന് പറയും ആ പറയുന്നതിന് യാതൊരു പറയുന്നത് ശരിയാണോ ധർമ്മമാണെങ്കിൽ പക്ഷെ ഈ മഹാഭാരതത്തിന്റെ കോപ്പം യാതൊരു വിലയിലും ഞാൻ പറയാം കഥയെന്ത്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കഥയെങ്കിൽ പറഞ്ഞിരിക്കുക ഞാൻ പറയുന്ന കഴിവ് മനസ്സിലാക്കി അഞ്ചു പാണ്ഡവന്മാരുള്ള പാല് കെട്ടി ഇവരെങ്കിലും വന്നു അവിടെ മാര കാരണം ഈ ഒരു ഭാര്യ വേണ്ടി അഞ്ചു പേരും കൂടെ വഴക്കൊടിക്കാതിരിക്കാൻ ഒരു പാണ്ഡവനും പാഞ്ചാലിയും കൂടി ഏകാന്തതയിലിരിക്കുമ്പോൾ മറ്റൊരാൾ അവിടേക്ക് ചെല്ലാൻ പാടില്ല അയാള് ഒരു വർഷം ബ്രഹ്മചര്യ ദുഃഖത്തോടുകൂടി വനവാസത്തിൽ അങ്ങനെ തീർത്ഥാടകർ രാജ്യത്ത് കഴിയുമ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ വന്നു അർജുനെ കൊണ്ട് പരാതിപ്പെടുകയും എന്റെ ഗോക്കളെ പശുക്കളെ കള്ളന്മാരവഹരിച്ചു പോയി എന്ന് പറഞ്ഞു ഉടനെ അർജുനൻ തയ്യാറായി അവിടെ പറയുന്ന വാക്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്തിനാണ് ഈ മഹാഭാരതം എഴുതിയെന്നുള്ള വ്യക്തമായി മനസ്സിലായി കാരണം അവിടെ ധർമ്മസങ്കട എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആയുധപ്പൊരയിലാണ് ആ സമയത്ത് ദരിദ്രാഷ്ടം പാഞ്ചാലി സല്ലടിക്കുക ധർമ്മപുന്ദ്രീഞ്ഞു പോകും ധർമ്മപുന്ദ്രും പാചകങ്ങളും ഇന്ന് സംഭിക്കുന്നതിലൊക്കെ അറിയുന്നതാണ് അർജുനെന്നറിയും അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല കയറിപ്പോയാൽ ഒരു വർഷം ഔട്ട് അപ്പോഴാണ് അർജുനൻ പറയുകയാണ് ഞാൻ ബ്രാഹ്മണന് വേണ്ടി മരിക്കും എന്തുകൊണ്ട് ക്ഷത്രിയേന്റെ ധർമ്മം ബ്രാഹ്മണന് വേണ്ടി മരിക്കുകയാണ് ഇതാരായിരിക്കും വെച്ചത് ക്ഷത്രിയന്റെ ധർമ്മം മനുഷ്യന് വേണ്ടി മരിക്കുകയെന്ന് പറയുമ്പോൾ ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണന് വേണ്ടി മഹാഭേരത്ത് വായിച്ചു നോക്കും ബ്രാഹ്മണൻ എന്നുവെച്ചാൽ ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി മരിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അകത്ത് കയറും അകത്ത് കയറും ആയോ പോയി പസരങ്ങൾ തിരിച്ചു കൊണ്ടുപോകും അപ്പോ ഈ കഥ എഴുതി വെക്കുന്നതിനെ അതിനു വേണ്ടിയിട്ടാണ് ക്ഷത്രിയൻ ബ്രാഹ്മണന് വേണ്ടി മരിക്കണം ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ എഴുതുന്നത് തിരിച്ചു വന്നു ധർമ്മപുത്രോട് പറഞ്ഞു ഞാൻ അനവസരത്ത് അവിടെ പ്രവേശിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ ബ്രഹ്മചര്യ വ്രതത്തോടു കൂടിയ തീർത്ഥാടനത്തിൽ പോവുകയാണ് അപ്പം ധർമ്മപുത്ര പറഞ്ഞു എന്തോ ധർമ്മത്തിന്റെ ഇതൊന്നും വലിയ ധർമ്മമെന്നുണ്ട് അതൊക്കെ പറഞ്ഞ് നമ്മൾ എഗ്രിമെന്റൊക്കെ ഉണ്ടാക്കി ശരിയായിരുന്നു നീ പോയതും വേണ്ട നീ എന്താ ചെയ്യുന്നുണ്ട് ചെറിയ ധർമ്മത്തിന്റെ മുന്നേറ്റ അർജുനൻ പറഞ്ഞാൽ അതല്ല ധർമ്മം ധർമ്മമാണ് അതിന് യാതൊരു എന്താണ് പെണ്ണുവിളിച്ച് മടന് ഞാൻ പോകുന്ന പോയി അപ്പൊ ബ്രഹ്മചര്യത്തോടു കൂടിയുള്ള വനവാസമാണ് ആ പോക്കിൽ അർജുനൻ പോയി മൂന്ന് പെണ്ണു മൂന്ന് സന്താനങ്ങളുണ്ടായി ആദ്യം പോയി രൂപിയെ കത്തി എന്ന് പറയുന്ന രാവില ഒരു വലിയ യോദ്ധ മഹാഭാരത് യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ് രണ്ടാമതൂയിൽ കെട്ടി അതിൽ നിന്ന് ബബ്രുവാഹനം മൂന്നാമതൂ ആരെ കെട്ടി അർജുനന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാണ് അഭിമന്യു വീടിന്റെ അമ്മ ഏലങ്ക സുഭന്ദ്ര കെട്ടി ബ്രഹ്മചര്യവ്രതത്തോടു കൂടി ഒരു വർഷം തപസ് ചെയ്യാൻ പോയ ആള് മൂന്ന് ഭാര്യ കെട്ടി മൂന്ന് സന്താനങ്ങളുണ്ടായതും അപ്പൊ ധർമ്മയോട് പോയി ആദ്യത്തെ കെട്ട് നടക്കുന്നതിന് മുമ്പ് അർജുനൻ ഗുലൂപിയോട് പറയുന്നത് ഞാനിത് ചെയ്യാൻ പാടില്ല കാരണം ധർമ്മം എന്ന് പറയുന്നത് ഞാൻ നിലമ്പചര്യം പറയും അതൊക്കെ ശരി തന്നെയാണ് അവിടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിങ്ങളെ എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറയും ഗുരുവി പറയുന്നത് അതിനായിക്കൊണ്ടേ ചേർത്ത് ധർമ്മത്തെ വിട്ടു രണ്ടാമത് ചിത്രാങ്കരെ കണ്ടപ്പോ അതൊക്കെ പോയി ചിത്രാങ്കരെയെ കണ്ടപ്പോൾ അർജുനന് അവളെ കട്ടുകയും ചെയ്തു കെട്ടിയടാവും തന്തയിലും കാര്യം കൊടുക്കും തന്റെ കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കും മൂന്നാമത് മോട്ടിച്ചുകൊണ്ടുപോയി ആരെ സുഖത്തില് ഇവിടെയൊന്നും ധർമ്മം ഇല്ല അപ്പൊ ധർമ്മം എന്ന് പറയുന്നതിന് സൗകര്യം പോലെയൊക്കെ മാറ്റി മടങ്ങുകയും ചെയ്യാവുന്നത് തന്നെയാണ് മഹാഭവ എഴുതിയാൾ പറയുന്നു പക്ഷെ ധർമ്മത്തിൽ ഒരു കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല ഏത് കാര്യത്തിൽ ജാതിയുടെ കാര്യത്തില്ല അതിൽ വിട്ടുവീഴ്ച കൊണ്ടും പാടില്ല അതുകൊണ്ടാണ് വിദഗ്ധനോട് പറഞ്ഞ് ഇനി ആത്മവിറ്റി ഉപദേശിച്ചിരുന്ന അധികാരി ഉപദേശിച്ചിരുന്നു എങ്കിൽ മനസ്സൃത് പറയുന്നതിനനുസരിച്ച് ചെന്ന് നാക്ക് കാണുന്നത് അദ്ദേഹം മന്ത്രിയാണ് നടക്കുമെന്നറിയത്തില്ല എന്നാലും നിയമങ്ങളാണ് പിന്നെ ഈ നിയമങ്ങളെല്ലാം ഇവർ വഞ്ചിക്കും എവിടെയാണ് ഈ ക്ഷത്രിയന്മാർ ഈ പറയുന്ന ബ്രാഹ്മണരും ഇവരെല്ലാം ഈ പറയുന്ന എല്ലാ നിയമങ്ങളെയും വഞ്ചിക്കുന്ന ഒരു സ്ഥലമുണ്ടോ എവിടെയാണ് സ്ത്രീകളെല്ലാ ജാതികളൊക്കെ തന്റെ സ്ത്രീന്ന് ഭോഗോ ഉപകരണമാണ് അവിടെ മാത്രം ഇതൊന്നും ബാലകരമേ അല്ല അവിടെ തന്നെ അവരെ തീരുമാനിക്കാണ് ഞർമ്മ മഹാഭാരത മോശങ്ങളാണ് ദുരിതരാഷ്ട്രത്തിൽ നൂറ്റിയൊന്ന് സന്താനങ്ങളാണ് ഒരു സന്താനങ്ങളിലുണ്ടായിരുന്നാരാണ് മക്കളെ കൂട്ടത്തിൽ കളിക്കത്തില്ല യൂത്ത് ഒരു വൈസ്യ സ്ത്രീലുണ്ടായിരുന്നു അതുകൊണ്ട് ദോഷമൊന്നുമില്ല ദാസി പുത്രനാണ് ആര് വിധുര ദാസിന്റെ അശോക് സ്ത്രീയാണ് അവിടെ പ്രശ്നം അവിടെ ആ സോഷ്യലിസം സമത്വമാണ് സമത്വ സുന്ദരമാണ് അവിടെ സ്ത്രീകളിൽ ബാക്കിയെല്ലായിടത്തും എന്താണോ വളരെ കർശനമായി നിയമങ്ങളെല്ലാം ഇതൊക്കെ മഹാഭാരതമുള്ള കാര്യം തന്നെയാണ് ചെറിയ പിന്നെ പറയും ചില മഹാ ഇവിടെ ചില വിദ്വാൻമാരാണ് പരമവിദ്വാൻമാരാണോ വരെ പോലുള്ള വിദ്വാന്മാരും ജീവിതത്തിൽ കിട്ടില്ല പരമമന്ത്രി ഇല്ല ചില ഭാഗങ്ങൾ സ്വാമിയെടുത്ത് പറയുകയാണ് കുറ്റം പറയാൻ അങ്ങനെയല്ല നിങ്ങളത് മൊത്തം മഹാഭാരതം ആദ്യം വരെ അവസാനം വരെ നോക്കാം തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ തന്നെയാണ് അങ്ങനെ അല്ലാത്ത പത്ത് ശതമാനം ഒന്ന് കഴിഞ്ഞു പത്ത് ശതമാനം ഈ മഹാഭാരതത്തിന്റെ സംഭവം വരുന്നു ഇതെന്ന് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ അവന്റെ മഹത്തായ കാര്യമാണ് ഇതിലൂടെയാണ് ഇന്നത്തെ മനുഷ്യരെ നന്നാക്കേണ്ടത് എന്ന് പറഞ്ഞൊന്നും പ്രചരിപ്പിക്കാനും അറിവില്ല നിങ്ങളെന്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ അറിയുക നിങ്ങളെ സമൂഹം ബഹിഷ്കരിക്കുക യാതൊരു സംശയവും അല്ലാതെ ഇതുകൊണ്ടും യാതൊരു കൊണ്ടും സമൂഹം ഒരു സ്വന്തം ബോധവാന്മാരായിരിക്കണം അല്ലെങ്കിൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മനുഷ്യനെന്തേ ചില വിശ്വാസങ്ങളിലൊക്കെ മനുഷ്യനൊന്നും മുന്നോട്ട് പോകുന്നുണ്ട് അതിനും അധികം ആയുസ് ഒന്നുമില്ല അതുമെല്ലാം മനുഷ്യർ വലിച്ചെറിയുകയാണ് കാലാവസ്ഥ ഇത്രയൊക്കെ ശ്രമിച്ചാലും ബാക്കി അടുത്ത വർഷം കളിയേക്ക് പോകുന്നത്